പ്രേമസ്വരു ആത്മസ്വരുമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ക്ഷണിച്ച ആചാര്യന്മാർക്കും നമസ്കാരം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അടുത്തുണ്ടായ സംഭവകസങ്ങള് ഏറ്റവും ദൗർഭാഗ്യകരമാണ് ക്ഷേത്രസങ്കല്പത്തെക്കുറിച്ചും ക്ഷേത്ര ആരാധനയെക്കുറിച്ചും വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ടാണ് അറിവില്ലാത്തതാണ് മിക്ക പ്രശ്നത്തിനും കാരണം ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെ പ്രതിഷ്ഠാസങ്കല്പങ്ങളുണ്ട് അതിനെ അവഗണിക്കുന്നത് ശരിയല്ല ക്ഷേത്ര ആരാധനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്ഷേത്രത്തിലെ ദേവതയും സർവായ ഈശന്റെയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം സർവായ വ്യാപ്യ ഈശന് യാതൊരു പരിമിതികളും ഇല്ല അവിടത്തേക്ക് സ്ത്രീ പുരുഷ വ്യത്യാസവും ഇല്ല എങ്ങനെ നിറഞ്ഞിരിക്കുന്ന അനന്തമായ ശക്തിയാണ് പക്ഷെ ക്ഷേത്രത്തെ ദേവിയുടെ കാര്യത്തിൽ ഇത് വ്യത്യാസമാണ് സമുദ്രത്തിലെ മത്സ്യവും ടാങ്കിലും മത്സ്യവും തമ്മിൽ വ്യത്യാസമുണ്ട് ടാങ്കിൽ കിടക്കുന്ന മത്സ്യ വളർത്തുന്ന മത്സ്യത്തിന് നമ്മൾ സമയാസമയം ഭക്ഷണം കൊടുക്കണം അതുപോലെ വിളം കൊടുക്കണം ഓക്സിജൻ കൊടുക്കണം സമുദ്രത്തിലെ മത്സ്യത്തിങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല അതുപോലെ നദിയിലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് പ്രത്യേകിച്ച് രമനിയമങ്ങളൊന്നും ആവശ്യമില്ല അതേ നദി വെള്ളം ഒരു സെമ്മിംഗുള്ളിലേക്കാക്കുമ്പോൾ അതിനെ ക്ലോറിൻ ഇടണം ഫിൽട്ടർ ചെയ്യണം അത് കുളിക്കുന്നതിന് മുമ്പേ നമ്മൾ കുളിക്കാനിറങ്ങുന്നതിന് മുമ്പ് വേറെ വെള്ളത്തിൽ കുളിക്കണം ഈർപ്പെല്ലാം കളഞ്ഞിട്ട് പ്രത്യേക ഒരു വസ്ത്രം ധരിക്കണം പിന്നെ സെമിമ്പിള് കുളിക്കുമ്പോൾ സോപ്പും ധരിക്കാൻ പാടില്ല ഇതുപോലെ നദിയിൽ വെള്ളം തന്നെയാണ് സെമിമ്പിളിൽ പോരിയിരിക്കുന്നത് ആ സർവീശൻ്റെ ഒരു ഭാഗം തന്നെയാണിത് പക്ഷെ അതിൽ ശുദ്ധാശുദ്ധിയും ആചാരാനുഷ്ഠാനങ്ങളും ആവശ്യമാണ് നമ്മൾ ഏത് രീതിയിൽ ഭാവിക്കുന്നു അതുപോലെ നമുക്ക് ഫലവും കിട്ടും നമ്മൾ വിത്ത് നിട്ടാലാ അതിന് വെള്ളവും വെള്ളവും കൊടുക്കുന്നതുകൊണ്ടൊപ്പവും കായും ഫലങ്ങളും കിട്ടുന്നത് ഓരോ ക്ഷേത്രത്തിലെ ക്ഷേത്രദേവതയ്ക്കും യഥാസമയം പൂജ ചെയ്യണം അതുപോലെ തന്നെ നിവേദ്യങ്ങൾ സമർപ്പിക്കണം ശുദ്ധാതി ശുദ്ധാതി നോക്കണം അതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾ വേണം സർവ്യായീശന് ഇങ്ങനെയുള്ള പരിമിതികൾ ഇല്ല ക്ഷേത്രത്തിലെ ഓരോ ദേവതയ്ക്കും പ്രത്യേകം പ്രത്യേകം സങ്കല്പമുണ്ട് ഭദ്രതഭാവത്തിൽ ദേവിയുടെ സങ്കല്പം വേറെ ശാന്തഭാവത്തിലുള്ള ദേവിയുടെ സങ്കല്പം വേറെ ഓരോ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ചില സങ്കല്പങ്ങളുണ്ട് ഇന്ന പൂജ വേണം ഇന്ന ആചാരങ്ങൾ വേണം ഇന്ന ഇന്ന ശുദ്ധാശുദ്ധി വേണം സകുണാരതിക്ക് ഈ രീതിയിലൊക്കെ ഉള്ള പ്രാധാന്യങ്ങളുണ്ട് പാരമ്പര്യമായുള്ള നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണ്ട വിധത്തിൽ ആചരിച്ചില്ല വേണ്ട വിധത്തിൽ ആചരിച്ചില്ലെങ്കിൽ അത് ക്ഷേത്രാന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കും ക്ഷേത്ര സങ്കല്പത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ക്ഷേത്രം മൈനറാണെന്ന് പറയും ഒരു കൊച്ചുകുട്ടിക്ക് അച്ഛനും അമ്മയും അധ്യാപകരും ആവശ്യം പോലെ ക്ഷേത്രത്തിൽ തന്ത്രിയുടെയും പൂജാരിയുടെയും അതുപോലെ തന്നെ വിശ്വാസികളുടെയും ആവശ്യമാണ് പങ്കുടും വിശ്വാസം ഇല്ലാത്ത ആൾ അവിടെ പോയി കഴിഞ്ഞാൽ തുപ്പുകയും തൂറുകൊക്കെ ചെയ്യാം അപ്പം വിശ്വാസികളെയും കൂടി ആശ്രയിച്ചിരിക്കുകയാണ് അവിടെ ശബരിമല അയ്യപ്പൻ നൈഷ്ടിക ബ്രഹ്മചാരിയായിരുന്നു അധികം സമാധിയാകുന്നതിന് മുമ്പേ പ്രകടിപ്പിച്ചൊരാഗ്രഹം അനുസരിച്ചാണ് ഇത്തരം ഇത്തരം വ്രതസമ്പങ്ങൾ നിലവ് വന്നതാണ് ഭക്തരുടെ വിശ്വാസം ആവശ്യത്തിന് മക്കാലത്തിന് ആവശ്യങ്ങൾ മാറ്റങ്ങൾ ആവശ്യമാണ് തീർച്ചയായിട്ടും പക്ഷേ നമ്മുടെ ക്ഷേത്രത്തിൽ മടങ്ങുള്ള മാറ്റം കൊണ്ടുവന്നാൽ അതിലൂടെ നമ്മുടെ മൂല്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നു കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കാൻ ഇടവാക്കരുത് ശങ്കരാചാര്യ അദ്വൈതമാണ് സ്ഥാപിച്ചത് നാരായണ ഗുരുദേവനും അദ്വൈതമാണ് സ്ഥാപിച്ചത് ചട്ടമ്പി സ്വാമിയുടെ നോക്കുമ്പോഴങ്ങൾ തന്നെയാണ് പക്ഷെ എന്നാലാണ് അവർക്ക് ക്ഷേത്രം സ്ഥാപിച്ചു തിരിച്ചു വന്നാണ് ക്ഷേത്രം സ്ഥാപിച്ചത് എന്നാൽ കുറേ ആചാരങ്ങൾ അതിനകത്ത് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രത്തെ എന്നെ ക്ഷണിച്ചുകൊണ്ടുപോയി ഞാൻ പോയിട്ടുണ്ട് ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് പ്രശ്നം വയ്ക്കരുത് തിരിച്ചു വരണോ പറഞ്ഞു പക്ഷേ എനിക്കെല്ലാവരുടെയും ഈശ്വരനാണെങ്കിലും ഞാൻ ആചാരം അനുഷ്ഠിച്ചു അപ്പം പ്രതിഷ്ഠ നടത്തിയ സമയത്ത് മാധ്യവിജിയെ എല്ലാ തന്ത്രികളെയും വിളിച്ചിട്ട് ചർച്ചതിന് ശേഷമാണ് നമ്മൾ പ്രതിഷ്ഠ നടത്തിയത് നമ്മൾ സന്യാസം കൊടുത്തപ്പോഴും സന്യാസ പരമ്പരയെ ക്ഷണിച്ചു വരുത്തവരുടെ വഴിയാണ് കൊടുത്തത് ആചാരങ്ങളൊന്നും ലംഘിച്ചതൊന്നുമില്ല പക്ഷേ ഒരു കാര്യവും പറയാനുള്ള നമ്മൾ ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിന് തൂണുകളാണ് ക്ഷേത്രം നമ്മുടെ സംസ്കാരത്തിന് തൂണുകളാണ് അത് നമ്മൾ സംരക്ഷിക്കണം സംരക്ഷിക്കേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ അത് നൂല് പട്ടിയെ പട്ടം പോലായിത്തീരും നമുക്കറിയാം ഇപ്പം നമ്മൾ ഈ രാജ്യത്തൊക്കെ പോകുമ്പോഴാണ് പണ്ട് പ്ലെയിനകത്ത് ഇന്ന ഭാഗത്ത് സികറ്റ് വലിക്കാമെന്ന് പറയും അത് നിർത്തി പ്ലീസ് സ്റ്റേഷൻ ഇന്നിടത്തെ സികറ്റ് വലിക്കാൻ പാടുള്ളു അപ്പം പുറത്ത് നോക്കുമ്പോഴും ഇന്ന പ്രത്യേകം പറയുന്നുണ്ട് അപ്പം നമ്മളറിയാം മണ്ണ് മണ്ണാറശാല അമ്മയാണ് പൂജിക്കുന്നത് ചില ഷി ക്ഷിതകളുണ്ട് കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് ആമ്പിളർക്കുള്ള സ്കൂളുകളുണ്ട് അതുപോലെ അപ്പം ലിംഗവ്യത്യാസമെന്ന് പറയാൻ നമുക്ക് പറ്റിയില്ല കുഞ്ഞിലുള്ള ഇത്ര വയസ്സ് വരെയും ഇത്ര വയസ്സ് വരെയും കയറാവുന്നതുകൊണ്ട് സ്ത്രീകളവിടെ തള്ളിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടും നമ്മൾ കുഞ്ഞിലെ അമ്മമാർ പറയും കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടും കള്ളം പറഞ്ഞാൽ മൂക്കേണ്ടി വരും അങ്ങനെയാണ് നമ്മുടെയൊക്കെ മൂക്കും കണ്ണും പൊട്ടണം പക്ഷേ ആ സമയത്ത് വേഗമില്ലാത്ത സമയത്ത് ആ വാക്കത് ഉപയോഗിച്ച് ഉപകരിച്ചു അത് പ്രായോഗികയാണ് ഒരു കുഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ആനയുടെ വടം വരച്ചിട്ട് അച്ചാ അച്ചാ ഞാൻ ആനയുടെ വടം വരച്ചു പറഞ്ഞു പച്ച നോക്കിയപ്പോൾ അഞ്ചാറ് കുത്തും വരെയുള്ളൂ അച്ഛൻ പറഞ്ഞ ആനയുടെ പണമൊന്നുമല്ല അഞ്ചാറ് കുത്തും വരെയുള്ളൂ അപ്പോഴേ കൊച്ചു വിളിവെക്കാൻ തുടങ്ങി കരഞ്ഞുകാർ എന്തൊക്കെ പറഞ്ഞിട്ടും കരച്ചിൽ ചെയ്യുന്നില്ല ഓരോന്നും എടുത്ത് എഴുതാൻ തുടങ്ങി അവസാനം അച്ഛൻ പറഞ്ഞു മോനെ മോനെ അച്ഛൻ്റെ കണ്ണിന് കാഴ്ച ഇല്ലാത്തത് കൊണ്ട് കണ്ണാടി വെച്ചപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത് നല്ലവണ്ണം മോൻ ആനയുടെ വടം വരച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഹൃദയത്തിൻ്റെ ഭാഷയാണത് കാരണം ഹൃദയത്തിന്റെ ഭാഷയെന്ന് പറയുന്നത് അത് നമ്മളാ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം നമ്മൾ ക്ഷേത്രങ്ങൾ ഷേർക്കെയ്സ് പോലാണ് ഷേർക്കേസ് കയറി കഴിയുമ്പോൾ മെളി ചെല്ലുമ്പോൾ മേളുകൊണ്ട് വാർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഷേർക്കേസ് വന്ന് തന്നെ മനസ്സിലാവും സിമെന്റും അതുപോലെ മെറ്റിലും ചരലും കൊണ്ടാണ് പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മൾ ഷേർകേസ് തള്ളിക്കളയത്തില്ല എല്ലാ ഈശ്വരനാന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുണ്ട് വരണം പിന്നെ എല്ലാത്തിലും ഈശ്വരനെ തന്നെ കാണുന്നത് ശബരിമല സമയത്ത് സീ സമയത്ത് അമ്മ റിസർച്ച് പോലെ നടത്തി ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ആസ്പത്രിയിലും ഞാൻ ആൾക്കാരെ അയയ്ക്കും അയക്കുമ്പോൾ ആ മാസങ്ങളിൽ മുപ്പത് ശതമാനം രോഗികൾ കുറവാണ് അപ്പം രോഗികൾ എന്താണെന്ന നാൽപ്പത് ശതമാനം കുറവാണ് മിക്ക ഹോസ്പിറ്റലുകളിലും കാരണം ഈ സമയത്ത് അവർ മാംസാഹാരം കഴിക്കുന്നില്ല ചീത്ത വിളിക്കുന്നില്ല ഭാര്യന്മാരെ കൂട്ട കുടുംബമായി തന്നെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് അപ്പോൾ എത്രയോ സമൂഹത്തിൽ ഈ ശരീരവും മാനസികവുമായിട്ട് താളലയും കൊണ്ടുവരുന്നൊരു സ്ഥാനമാണ് ക്ഷേത്രം അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ സംസ്കാരത്തെ നിലനിർത്തേണ്ട ആവശ്യമാണ് ഇതാണ് നമ്മുടെ കെട്ട് കുറ്റം ഇതിലാണ് നിൽക്കുന്നത് അപ്പം എല്ലാവരും അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങണമെന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത് ഒറ്റക്കാര്യം പറയുന്നത് ഇപ്പോൾ അർജുനൻ കൃഷ്ണോട് യുദ്ധമുറ ചോദിച്ച് അപ്പം കൃഷ്ണൻ പറഞ്ഞ് ഭീഷ്മെടുത്ത് ചോദിക്കാൻ പറഞ്ഞു കാരണം അതാ അധികാര ഭേദമനുസരിച്ച് ചോദിച്ച് പറഞ്ഞു കൊടുത്തതാണ് അതുപോലെ എനിക്ക് പറയാനുള്ളത് ഭക്തരായ ഈ തന്ത്രിയും പൂജാരികളും അതുപോലെ ഭക്തരായ നിങ്ങളെപ്പോലുള്ള എല്ലാവരും കൂടി വിചാരിച്ച് ഇവരാണ് തീരുമാനിക്കേണ്ടത് പയ്യതിന്ന പനയും തിന്നാം അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും പറയാനില്ല കൂടുതൽ സംസാരിക്കാൻ വന്നതെല്ലാം മറ്റൊന്നും പറയാനില്ല മറ്റുള്ള കാര്യങ്ങളെല്ലാം മക്കൾ ഇവിടുന്ന് എല്ലാവരും പറഞ്ഞുതരും ആമശ്വാം